ം അഞ്ച് മനുഷ്യപുത്ര നീ മൂർച്ചയുള്ള ഒരു വാളെടുത്ത് ക്ഷൗരക്കത്തിയായി പ്രയോഗിച്ച് നിന്റെ തലയും താടിയും ക്ഷൗരം ചെയ്യുക പിന്നെ തുലാസ് എടുത്ത് രോമം തൂക്കി വിഭാഗിക്കാം നിരോധകാലം തികയുമ്പോൾ മൂന്നിലൊന്ന് നീ നഗരത്തിന്റെ നടുവിൽ തീയിലിട്ട് ചുട്ടുകളയണം മൂന്നിലൊന്നെടുത്ത് അതിന്റെ ചുറ്റും വാൾ കൊണ്ട് അടിക്കണം മൂന്നിലൊന്ന് കാറ്റത്ത് ചിതറിച്ചുകളയണം അവയുടെ പിന്നാലെ ഞാൻ വാൾ അതിൽ നിന്ന് കുറഞ്ഞൊരു സംഖ്യ നീയെടുത്ത് നിന്റെ വസ്ത്രത്തിന്റെ കോന്തലയ്ക്കൽ കെട്ടണം ഇതിൽ നിന്ന് പിന്നെയും നീ അല്പമെടുത്ത് തീയിലിട്ട് ചുട്ടുകളയണം അതിൽ നിന്ന് ഇസ്രയേൽ ഗ്രഹത്തിലേക്കെല്ലാം ഒരു തീ പുറപ്പെടും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളു ചെയ്യുന്നു ഇത് എരിശല്യമാകുന്നു ഞാൻ അതിനെ ജാതികളുടെ മധ്യെ വെച്ചിരിക്കുന്നു അതിനു ചുറ്റും രാജ്യങ്ങളുണ്ട് അത് ദുഷ്പ്രവൃത്തിയിൽ ജാതികളെക്കാൾ എന്റെ ന്യായങ്ങളോടും ചുറ്റുമുള്ള രാജ്യങ്ങളെക്കാൾ എന്റെ ചട്ടങ്ങളോടും മത്സരിച്ചിരിക്കുന്നു എന്റെ ന്യായങ്ങളെ അവർ തള്ളിക്കളഞ്ഞു എന്റെ ചട്ടങ്ങളെ അവർ അനുസരിച്ച് നടന്നിട്ടുമില്ല അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികളെക്കാൾ അധികം മത്സരിച്ചു എന്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കാതെയും എന്റെ ന്യായങ്ങളെ പ്രമാണിക്കാതെയും ചുറ്റുമുള്ള ജാതികളുടെ ന്യായങ്ങളെപ്പോലും ആചരിക്കാതെയും ഇരിക്കുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഇതാ ഞാൻ തന്നെ നിനക്ക് വിരോധമായിരിക്കുന്നു ജാതികൾ കാണുക ഞാൻ നിന്റെ നടുവിൽ ന്യായവിധികളെ നടത്തും ഞാൻ ചെയ്തിട്ടില്ലാത്തതും മേലാൽ ഒരിക്കലും ചെയ്യാത്തതുമായ കാര്യം നിന്റെ സകല ്ലേക്ഷതകളും നിമിത്തം ഞാൻ നിന്നിൽ പ്രവർത്തിക്കും ആകയാൽ നിന്റെ മധ്യേ അപ്പന്മാർ മക്കളെ തിന്നും മക്കൾ അപ്പന്മാരെയും തിന്നും ഞാൻ നിന്നിൽ ന്യായവിധി നടത്തും നിന്നിലുള്ള ശേഷിപ്പിനെയൊക്കെയും ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചിതറിച്ചുകളെയും അതുകൊണ്ട് യഹോവയകർത്താവ് അരുളി ചെയ്യുന്നത് നിന്റെ എല്ലാ വെറുപ്പുകളാലും സകല മിളെച്ചതകളാലും എന്റെ വിശുദ്ധ മന്ദിരത്തെ നീ അശുദ്ധമാക്കിയതുകൊണ്ട് എന്നാണ് ഞാനും നിന്നെ ആദരിയാതെ എന്റെ കടാക്ഷം നിങ്ങൾ നിന്ന് മാറ്റിക്കളയും ഞാൻ കരുണ കാണിക്കുകയുമില്ല നിന്ന് മൂന്നിലൊന്ന് മഹാമാരി മരിക്കും ക്ഷാമം അവർ നിന്റെ നടുവിൽ മുടിഞ്ഞു പോകും മൂന്നിലൊന്ന് നിന്റെ ചുറ്റും വാൾകൊണ്ട് വീഴും മൂന്നിലൊന്ന് ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചിതറച്ചു കളയുകയും അവരുടെ പിന്നാലെ വാളൂരുകയും ചെയ്യും അങ്ങനെ എന്റെ കോപത്തിന് നിവർത്തി വരും ഞാൻ അവരോട് എന്റെ ക്രോധം തീർത്ത് തൃപ്തനാകും എന്റെ ക്രോധം അവരിൽ നിവർത്തിക്കുമ്പോൾ യഹോവയായ ഞാൻ എന്റെ തീക്ഷ്ണതയിൽ അതിനെ അരുളി ചെയ്തു എന്ന് അവർ അറിയും വഴി പോകുന്നവരൊക്കെയും കാണുക ഞാൻ നിന്നെ നിന്റെ ചുറ്റുമുള്ള ജാതികളുടെ ഇടയിൽ ശൂന്യവും നിന്നയുമാക്കും ഞാൻ കോപത്തോടും ക്രോധത്തോടും കഠിന ശിക്ഷകളോടും കൂടെ നിന്നിൽ ന്യായവിധി നടത്തുമ്പോൾ നീ നിന്റെ ചുറ്റുമുള്ള ജാതികൾക്ക് നിന്നയും ആക്ഷേപവും ബുദ്ധിയുപദേശവും സ്തംഭനഹേതുവും ആയിരിക്കും യഹോവയായി ഞാൻ അരുളിച്ചതിരിക്കുന്നു നിങ്ങളെ നശിപ്പിക്കേണ്ടതിന് ക്ഷാമമെന്ന നാശകരമായ ദൂരസ്ത്രങ്ങൾ ഞാൻ എയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ഷാമം വർദ്ധിപ്പിച്ച് നിങ്ങളുടെ അപ്പമെന്ന കോൽ ഒടിച്ചുകളയും നിന്നെ മക്കളില്ലാതെയാക്കേണ്ടതിന് ഞാൻ ക്ഷാമത്തെയും ദുഷ്ടമൃഗങ്ങളെയും നിങ്ങളുടെ ഇടയിൽ അയയ്ക്കും മഹാമാരിയും കുലയും നിന്നിൽ കടക്കും ഞാൻ വാളും നിന്റെ നേരെ വരുത്തും യഹോവയായി ഞാൻ അരുളി ചെയ്തിരിക്കുന്നു